യും തിരിഞ്ഞു നോക്കാതെ പിന്തിരിഞ്ഞോടിയപ്പോൾ റസൽസല്ലാഹു അറേഹ് വസല്ലം നിങ്ങളുടെ പിന്നിൽ നിന്ന് നിങ്ങളെ വിളിക്കുകയായിരുന്നു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചോ നിങ്ങൾക്ക് സംഭവിച്ചതിനെക്കുറിച്ചോ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ അവൻ ദുഃഖത്തിനു പിന്നാലെ ദുഃഖം നൽകി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി അള്ളാഹു സുബാനഹൂവത്ത് ആല സൂക്ഷ്മമായി അറിയുന്നവനാണ്